ശ്ലോകം ശരീരം ത്രിഭുവനജനനി വ്യാപി ജാനഗംഗാ ഭക്തിശ്രദ്ധാ ഗജഗുരുചരണ്യാനയോ പ്രയാഗ വിശ്വരീയ സകലജനമനഃസാക്ഷിഭൂ अंतरात्मा देहे वसति വസതി तीर्थमन्यत തീർത്ഥമയത് കിമസ് ദേഹത്തിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ അനുഭവിക്കാം ഭഗവത് അനുഭവം നേടാം എന്നുള്ളത് देहे ദേഹേസർവം മതീയെ എന്ന അവസാനം പറയുന്നു വാസ്തവത്തിൽ ഭഗവത് അനുഭവം ദേഹത്തിലല്ല ഉണ്ടാവുന്നത് ഹൃദയത്തിലാണ് എന്നാലും നമ്മൾ ദേഹത്തിൽ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ഈ ആയുഷ്കാലത്ത് തന്നെ അത് നേടുന്നത് ദേഹേ കാശിക്ഷേത്രമായി തീരുന്നു എപ്പോഴാ കാശിക്ഷേത്രം ശരീരം കാശിക്ഷേത്രം ശരീരം ഇന്നലെ പറഞ്ഞോ ഉള്ളം പെരുംകോയിൽ ഊനുടമ്പ് ആലയം വള്ളപ്പിരാണാർക്കുവായി ഗോപുരവാസൽ ാർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്തു കാലാമണി വിളക്ക് ഈ ശരീരം തന്നെ കോവിലായിട്ട് തിരുന്നു ഇതും ശരീരം കൗന്തിയ ക്ഷേത്രമിത്യവിധീയത അവിടെ ക്ഷേത്രം എന്നുള്ളതിന് അമ്പലം എന്നുള്ള അർത്ഥമല്ല അങ്ങനെ എടുത്താലും കുഴപ്പമില്ല ദേഹോ ദേവാലയ പ്രോക്ത ജീവോദേവ സനാതന എന്നൊക്കെ പല ശ്ലോകങ്ങൾ അപ്പോ ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തിരാണ് അതിൽ ജ്ഞാനം പ്രവഹിക്കാൻ തുടങ്ങുമ്പോ ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാന ഗംഗ കാശിയില് ത്രൈലിംഗ സ്വാമി എന്ന് പറഞ്ഞൊരു സിദ്ധപുരുഷൻ ഉണ്ടായിരുന്നു ചില സിദ്ധപുരുഷന്മാർ അനേക വർഷങ്ങൾ ജീവിക്കും അതുപോലെ എല്ലാരും കാണേ അതുകൊണ്ട് അതിന് റെക്കോർഡൊന്നും വേണ്ട സംശയമൊന്നുമില്ല കാശിയിലുള്ളവർ മുഴുവൻ കണ്ടിരിക്കെ ഏകദേശം ഇരുന്നൂറ്റി എൺപത് വർഷത്തിൽ അദ്ദേഹം അധികം അദ്ദേഹത്തിനെ കാശിയിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാനായിട്ട് രാമകൃഷ്ണ പരമഹംസർ കാശിയിൽ പോയിട്ടുണ്ട് എന്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാശിയിൽ പോയാൽ കാണാം ചില രാമകൃഷ്ണ മഠങ്ങളിലൊക്കെ കാണാം ത്രൈലിംഗ സ്വാമിയും രാമകൃഷ്ണ പരമഹംസരും കൂടെ ഇരിക്കണത് വലിയൊരു ശരീരം ഭീമാകാരമായിട്ടിരിക്കുന്നു വലിയ യോഗിയാണ് അദ്ദേഹം മൗനിയാണ് മിണ്ടോ ഒന്നുമില്ല ത്രൈലിംഗസ്വാമി ചരിത്രം എന്ന് പറഞ്ഞ് രാമകൃഷ്ണ മിഷ്യൻ തന്നെ പുസ്തകം പ്രകാശിപ്പിച്ചിരുന്നു ഇപ്പൊ അത് അറിയില്ല കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും രാമകൃഷ്ണ മിഷനിൽ ഇപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത് കുറെ വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പോ സ്വാമികൾ ഇപ്പോഴും സ്വാമിയുടെ സമാധിയൊക്കെ ഉണ്ട് കാശി ഗംഗാതീരത്തില് ത്രൈലിംഗ സ്വാമി മഠം ശരിക്കും സ്പോട്ട് എനിക്ക് ഓർമ്മയില്ല ഹരിച്ച മണികർണിക ഘാട്ടത്തിന്റെ അടുത്തായിട്ട് വരും ആ വശത്തായിട്ട് വരും സ്വാമി ചിലപ്പോ ഗംഗയുടെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ചിലപ്പോ ഗംഗയുടെ ഉള്ളിൽ കിടക്കും നഗ്നനായിട്ടാണ് നടന്നിരുന്നത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കാശിക്ഷേത്രമാണ് ചിലപ്പോ അദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ടാൽ നിഷിദ്ധമായിട്ട് തോന്നും എന്താന്ന് വെച്ചാൽ കാശിയിലൊക്കെ അവിടെ എവിടെയൊക്കെ ശിവലിംഗം ഉണ്ടേ നടക്കുന്ന വഴിയിലൊക്കെ ശിവലിംഗമൊക്കെ ഉണ്ടാവും ചിലപ്പോ ചില ശിവലിംഗത്തിന്റെ മുമ്പിലായിരിക്കും മേലെ ആയിരിക്കും അദ്ദേഹം മൂത്രവിസർജനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളില് ഗംഗയല്ലാതെ വെറൊന്നുമില്ല നമ്മളുടെ ബുദ്ധിക്കാണ് അതൊക്കെ വികൃതമായിട്ട് തോന്നുന്നത് സ്വാമിയെ പല വിധത്തിലും പല ആളുകളും ടെസ്റ്റ് ചെയ്തു ചുണ്ണാമ്പ് വെള്ളം കലക്കിയിട്ട് പാലാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു സുഖമായിട്ട് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കൊടുത്ത ആൾക്ക് ശരീരം മുഴുവൻ എരിയാൻ തുടങ്ങി ബ്രിട്ടീഷ് റെക്കോർഡിലുള്ള ഒരു കഥയാണ് അത് എന്തോ ഒരു കേസില് വളരെ മിസ്റ്റീരിയസ് കേസായിട്ട് അത് റെക്കോർഡിൽ ഇപ്പോഴും ഉണ്ടെന്നാണത് സ്വാമിയെ നഗ്നനായിട്ട് നടക്കണോന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞ് പോലീസ് പിടിച്ച് ജയിലിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി കൊറച്ചുനേരം കഴിഞ്ഞ് നോക്കുമ്പോ സ്വാമിക്ക് ജയിലിന്റെ ഉള്ളിൽ ഇരുന്നാൽ എന്താ വെളിയിൽ ഇരുന്നാലെന്താ പക്ഷെ വൈകുന്നേരം ഒരു സമയമാവുമ്പോ ഈ പോലീസ് കാണുന്നു സ്വാമി പുറത്തിറങ്ങി ഇങ്ങനെ പോണ്ട് പോ കമ്പിയൊക്കെ അതേപോലെ ഉണ്ട് ജയില് വാതിലൊക്കെ അതേപോലെ പൂട്ടിക്കിടക്കണുണ്ട് ദജിക് ടു ദ ഫൈനറ്റ് ഇസ് ലോജിക് ടു ദ ഇൻഫിനറ്റ് അദ്ദേഹത്തിന് സ്ഥൂല ശരീരമൊന്നുമില്ല ബാക്കിയുള്ളവരുടെ ദൃഷ്ടിയിലാണ് സ്ഥൂല ശരീരമൊക്കെ ഉണ്ടായിരുന്നതും ചിലപ്പോ കൽക്കട്ടകളിൽ കാണുമോ അത്ര അദ്ദേഹത്തിന് ചിലര് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ത്രൈലിംഗ സ്വാമി അതിന് പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ഗംഗാജലമാണെന്നാണ് പറയുന്നത് ണ മനുഷ്യരെ വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്തിട്ടാണ് മനുഷ്യ ശരീരത്തിന് അനോട്ടോമിയൊക്കെ പറയണതേ ബോഡി ഈസ് ഓൺലി ഇമാജിനേഷൻ യുവർ സയൻസ് ആസ് ലിമിറ്റേഷൻസ് അതിന് മേലെ ചിന്തിക്കാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവധൂതൻ ഞങ്ങളുടെ അവിടെ ഉണ്ട് രാവിലെ എണീറ്റാ ചെങ്കൽപ്പൊടി സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും വാരി വാരി തിന്നണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇറ്റലി ശരിയില്ലെങ്കിൽ വയർ കേടുവെന്ന് പോകുന്നു രാവിലെ തിന്നുന്നത് പിടിപ്പിടിയായിട്ട് വാരിയിട്ട് ചെങ്കല് പൊടിയാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ കുടിക്കും മഴ വെള്ളം അവിടെ അവിടെ ചളികെട്ടി നിക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ കുടിക്കും ഇതൊക്കെ സാധാരണ ആളുകളുടെ വ്യവഹാരത്തിന് പറ്റില്ല പക്ഷേ പറയണത് ദർ ഇസ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി നമ്മൾ നമ്മളുടെ ശക്തിയെ അല്പമാക്കി അല്പമാക്കി അല്പമാക്കി ഒരു ലിമിറ്റഡ് ഹ്യൂമൻ ബോഡിയെ വെച്ചുകൊണ്ട് അളന്നുകൊണ്ട് എല്ലാ ബോഡീസിനെയും ലിമിറ്റഡ് ആക്കുന്ന അറിവാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഉള്ളിലുള്ള അന്തർയാമയുടെ ഒരു സങ്കല്പമാണ് ശരീരം എന്നാണ് വേദാന്തം പറയണത് ഇറ്റ്സ് നോട്ട് എ സോളിഡ് തിങ് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ദ dream is made of. സങ്കല്പത്തിന്റെ ബലത്തിന് എന്തിനേയും മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷെ അതിനൊക്കെ അത്രയും തപസ് ജീവൻ വികസിക്കും തോറും അതിൽ മാറ്റങ്ങളൊക്കെ വരും എന്തായാലും ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തീരുന്നു ജീവൻ മുക്തന്മാർക്ക് കാശിക്ഷേത്രം ശരീരം ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ അവരുടെ ഉള്ളിൽ നിരന്തരം അതുകൊണ്ടാണ് പരമേശ്വരന്റെ ശിരസിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത് ശിവമൌലിയിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത് ജ്ഞാനികളുടെ നിത്യനിരന്തരമായി ജ്ഞാനികളിൽ നിന്നും ഈ ഗംഗ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആകാശഗംഗ ആകാശഗംഗ ഡ ഡയറക്റ്റായിട്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ശിവൻ അത് ഏറ്റെടുത്തു എന്നാണല്ലോ കഥ ശിവൻ തന്നിൽ ഏറ്റെടുത്തിട്ട് കുറച്ചായിട്ട് പുറമേക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ലേ അതായത് ആകാശഗംഗ എന്ന് വെച്ചാൽ ഭൂസ്പർശമേൽക്കാത്ത ജ്ഞാനപ്രവാഹമാണ് ആ ജ്ഞാനപ്രവാഹം ജ്ഞാനികൾ സ്വാനുഭവത്തിൽ ജ്ഞാനികളുടെ സ്വാനുഭവത്തിലുള്ളത് വാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ചായി പോകും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് റിസീവ് ചെയ്യാവുന്ന രീതിയിലാവുമ്പോഴേക്കത് വളരെ കുറച്ചായി പോകുന്നതാണ് ശിവമൌലിയിൽ വീഴുന്നത് കുറച്ച് ചുവട്ടിലേക്ക് ബിന്ദു സരസിലേക്ക് ശിവൻ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് അപ്പോ ഗംഗ എന്നുള്ളത് ഒരു നമ്മളിൽ ഗൂഢമായി കിടക്കുന്ന എന്തോ ഒരു നമ്മളെ പവിത്രമാക്കുന്നതും നമ്മളുടെ ഉദ്ധാരണത്തിന് കാരണമാവുന്നതുമായ ചിത്ശക്തിയാണ് സാധാരണ ജലമല്ല നമ്മളൊക്കെ ഇപ്പൊ സാധാരണ ജലം തെളിച്ചിട്ട് ആളുകളെ പവിത്രമാക്കുമല്ലോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ശുദ്ധികലശം ചെയ്യും എന്നിട്ട് വെള്ളം തെളിക്കും ബാഹ്യമായിട്ട് വെള്ളം തെളിച്ച് ശുദ്ധമാക്കാവുന്നതാണ് വൈദിക കർമ്മകാണ്ഡ കാലം മുതൽക്കുള്ള ഒരു സമ്പ്രദായമാണ് ജലത്തിനെ ശക്തിയുടെ ഒരു വാഹനമാക്കി മാറ്റുക എന്നുള്ളത് സന്ധ്യാവന്തനാധികാരികൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ ജലം ഉപയോഗിക്കുന്നു ജലത്തിന് മനുഷ്യരുടെ ചിത്ത ചിത്തവൃത്തികളെ തോട്ട്സ് സൈക്കിക് എനർജിയെ ആകിരണം ചെയ്ത് എത്തിക്കാനുള്ള ശക്തി ഉണ്ട് ഇന്ന് വലിയ എന്താ സീക്രട്സ് ഓഫ് വാട്ടർ മിസ്റ്റ്രീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അതൊരു റിസർച്ച് ചെയ്ത് വലിയ പുസ്തകമായിട്ട് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പലർക്കും വിധിക്കണത് എന്താന്ന് വെച്ചാൽ ചില സൂക്കേട് നോക്ക അദ്ദേഹം മരുന്ന് പറയും ചില സൂക്കേട് നോക്കി അദ്ദേഹം മന്ത്രം വിധിക്കും മണിമന്ത്ര ഔഷധം എന്നാണ് ഋഷികളുടെ സമ്പ്രദായം ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പലർക്കും സൂക്കേടിന് വിധിക്കുന്നത് പാത്രത്തിൽ ജലം വെച്ചിട്ട് ശ്രീരുദ്രൻ ജപിക്കുക അല്ലെങ്കിൽ ഗായത്രി ജപിക്കുക എന്നിട്ട് ആ ജലം ദിവസം കുടിക്കാൻ കൊടുക്കുക അഭിഷേകം ചെയ്യുക എന്നൊക്കെയാണ് ആദ്യമൊക്കെ നമുക്ക് നമ്മളുടെ റാഷണൽ ബ്രെയിൻ അതായത് ഒരു പത്ത് വർഷം മുമ്പ് വരെ ഏകദേശം ഒരു അമ്പത് നൂറ് വർഷമായിട്ട് തുടങ്ങിയിട്ട് യുക്തി വിചാരത്തിന്റെ കാലമായിരുന്നു ഇപ്പൊ അത് അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോ യുക്തിക്ക് അപ്പുറമുള്ളതൊക്കെ ആളുകള് ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്താണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഈ കഥ ആദ്യം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു ശ്രദ്ധാവിശ്വാസം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണെന്നാണ് അതുകൊണ്ട് വ്യാധികളൊക്കെ മാറിയതായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ അനക്ഡോട്ട്സ് കഥകളിലൊക്കെ വരും അപ്പൊ ഈ ജലത്തിന് ഒരാകിരണം ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് ഉപയോഗിച്ച് ആ ജലം കൊണ്ട് പലതും ചെയ്യുക എന്നുള്ളത് കർമ്മകാണ്ഡ ഭാഗത്തിലുള്ളതാണ് ആ ജലത്തിനെയാണ് എല്ലാത്തിനെയും പവിത്രമാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തെളിച്ചിട്ടുമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ബുദ്ധമതത്തിലും അത് ഉണ്ടായി യേശു ക്രിസ്തു പതിമൂന്നാമത്തെ വയസ്സിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ചു കാലം ബുദ്ധമതവും മതവും ഇതും ഒക്കെ പഠിച്ചിട്ട് ഏകദേശം ഇരുപത്തിയെട്ടാമത്തെ വയസ്സോടുകൂടിയാണ് തിരിച്ച് അങ്ങോട്ട് പോണത് ആ കഥയൊക്കെ ഇന്നൊക്കെ ഗവേഷണം ചെയ്ത് എല്ലാരും പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു അതൊക്കെ അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ തന്നെ ഇളക്കി കളയുന്ന ഫാക്ട്സാണ് അപ്പൊ ക്രിസ്തു ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് സ്നാതകനായിട്ടുള്ള യോഹന്നാൻ ജോൺ ബാപ്റ്റിസ്റ്റ് ജോൺ മൂപ്പർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വൈദിക സമ്പ്രദായമൊക്കെ കൊണ്ടുപോയി അവിടെ പോയി മുറ്റും പ്രാകൃതമായിരിക്കുന്ന ആളുകളെ തിരിയൊന്ന് വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഇതേ പരിപാടി മൂപ്പർ അവിടെ പോയിട്ട് ആ ജോർഡാൻ നദിയിൽ വെള്ളം എടുത്തിട്ട് തെളിക്കുക ശുദ്ധമാക്കുക ഓരോരുത്തരെ ജ്ഞാന സ്നാനം ചെയ്യിക്കുക കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തുടങ്ങി അപ്പോഴാണ് ക്രിസ്തു വരുന്നതിനു മുമ്പ് aeal poi cheyyumbo aeal oru vaakku parayanund here i baptize you with water there comes a person who will baptize you with the water of spirit nanu chaitanyam konde ningale pavithramakunna chaitanyathinte ganga chaitanyathinte jalam ee vaakkal okke thane vaidhikumanu ചൈതന്യത്തിന്റെ ജലം കൊണ്ട് നിങ്ങളെ പവിത്രീകരിക്കാനുള്ള ആള് എന്നാണ് അപ്പൊ ചൈതന്യ പുഷ്പം ഇതൊക്കെ വാക്കുകളാണ് ലളിതാ സഹസ്രനാമത്തിലുണ്ട് ദേവിയെ എങ്ങനെ ആരാധിക്കണം എന്ന് വെച്ചാൽ ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ ചൈതന്യമായ കുസുമം കൊണ്ടും ചൈതന്യമായ അർഘ്യം ജലമെടുക്കുമ്പോൾ ചൈതന്യ അർഘ്യം കൊടുക്കുകയാണെന്നാണ് അപ്പൊ ആ ചൈതന്യ ത്തിന്റെ ഒരു ചേതനയുടെ ഒഴുക്കിനെയാണ് ഗംഗ എന്നിവിടെ പറയണത് ജ്ഞാനപ്രവാഹ ഗംഗ ഒരു സ്രോതസ് ആത്മസ്രോതസ് എന്നൊക്കെ ഭാഗവതം പറയണു ആ സ്രോതസ്സിനെ അകമേക്ക് കാണുന്നു ആ സ്രോതസ് തന്നെ ശബ്ദബ്രഹ്മം പറയാം ചിത് എന്നും പറയാം ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ അവിടെ പറയുന്നു ഒരു താമര വളയത്തിന്റെ ഉള്ളിലുള്ള തണ്ടിന്റെ ഉള്ളിലുള്ള വളരെ ചെറിയ നാരു കണക്ക് നമ്മളുടെ വ്യക്തിമണ്ഡലത്തിനു പുറകിൽ ഒഴുകുന്ന ആ സ്രോതസ് ആ ശബ്ദബ്രഹ്മസുദുർഭാവ്യം പ്രാണേന്ദ്രിയ മനോമയം എന്ന് പറഞ്ഞ് ഭഗവാൻ തുടങ്ങുന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ അതുപോലെ ആ സ്രോതസ് നമ്മളുടെ ബോധമണ്ഡലത്തിനു പുറകിൽ അതിനെ അതുമായി സമ്പർക്കമേർപ്പെടുമ്പോ നമ്മളെ പവിത്രീകരിക്കുന്നതായിട്ടുള്ള ഒരു ഗംഗ അറിവിന്റെ ഗംഗ ചിത് ശക്തി ശാരദൂഢമായിട്ട് ഉള്ളിലിരിക്കുന്നു ആ ശക്തിയുടെ സമ്പർക്കം കൊണ്ട് ത്രിഭുവന ജനനി അവളാണ് ത്രിഭുവന ജനനിന്നാണ് എന്നുവെച്ചാൽ ത്രിഭുവനം മുഴുവൻ എവിടെ നിന്നാണ് ഉണ്ടാകണത് ആ ചിത് ശക്തി പതുക്കെ പതുക്കെ പതുക്കെ സ്ഥൂലമാവുകയും ചിത്തമാവുകയും ചെയ്ത് അത് സങ്കല്പത്തിനെ വെളിയിൽ വിട്ട് വിട്ട് വിട്ട് മനസ്സായി മാറി കൂടുതൽ സ്ഥൂലമായി ഇന്ദ്രിയങ്ങളായി മാറി കൂടുതൽ സ്ഥൂലമായി ശരീരമായി മാറി ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തേക്ക് വ്യാപിച്ച് പ്രപഞ്ചമായി വിസ്തരിച്ച് മുമ്പിൽ നിൽക്കണു അപ്പൊ ത്രിഭുവന ജനനിയാണവൾ ത്രിഭുവനത്തിനെയും ജനിപ്പിക്കുന്നവളാണ് ഈ ചിത്ശക്തി അകമേ ഉള്ള ചൈതന്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ചിത്ശക്തി അതാണ് ത്രിഭുവന ജനനി വ്യാപിനീ ജ്ഞാനഗംഗ ജ്ഞാനിയിൽ സത്യത്തിനെ കണ്ടെത്തിയ ആളിൽ ഇവൾ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു വ്യാപിനീ ജ്ഞാനഗംഗ അപ്പോ എന്താവുന്നു ഹൃദയത്തിൽ ഭഗവത് സാക്ഷാത്കാരം ഏർപ്പെടുമ്പോ കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ നമ്മളിൽ രണ്ട് വസ്തുക്കളെ നമ്മൾ കാണും ഒന്ന് നിശ്ചലമായ തത്വം രണ്ട് ആ നിശ്ചലമായ തത്വത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശക്തി ആ ശക്തിയുടെ കയ്യിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ പറയുന്നത് ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മള് ലോക ജീവിതവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് സത്യദർശനി ദർശികളായ ജ്ഞാനികൾ പോലും ലോകത്തിൽ പിക്കാലത്ത് ജീവിക്കുമ്പോ ഭക്തിയെ ആയി ആശ്രയിച്ചുകൊണ്ട് ശരണാഗതരായിട്ട് ശരണാഗതിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കണം ആ ശക്തിയുടെ കയ്യിൽ അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉപാധികളുടെയൊക്കെ ചാർജ് ആ ശക്തിയുടെ കയ്യിലാണ് ത്രിഭുവന വ്യാപിനി ജ്ഞാനഗംഗ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും ശരീരത്തിൽ ആവിർഭവിക്കുന്നു തീർത്ഥക്ഷേത്രങ്ങളൊക്കെ ശ്രദ്ധാപ്രധാനമാണ് ശ്രദ്ധയില്ലാത്ത തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് കാര്യമല്ലല്ലോ ഭാരദ മഹർഷി അതാണ് പറയണത് ഭാഗവതത്തില് ഞാൻ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചു നോക്കി തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയി നോക്കി തീർത്ഥങ്ങളും ഇല്ല അപ്പോ ഒന്നുമില്ല ആർക്കും ഒരു ശ്രദ്ധയില്ല എല്ലാവരും കച്ചവടം ചെയ്യാനാണ് അപ്പൊ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പത്മപുരാണത്തില് നാരദ മഹർഷി പറയുന്നു വെച്ചാൽ പദ്മപുരാണം ഏത് കാലത്ത് എഴുതിയോ അറിയില്ല ഈ കാലത്തെ നമ്മൾ കാണുന്ന പോലെയൊക്കെയാണ് പത്മപുരാണത്തിൽ അന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ തന്നെ പാശ്ചാത്യ ഗവേഷകന്മാരെ ഈ പുരാണമൊക്കെ പിൽക്കാലത്ത് എഴുതിയതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും നൂറു വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ആശ്ചര്യമാണ് കാരണം നൂറു വർഷം മുമ്പ് പോലും ഇങ്ങനെയൊന്നും ആയിട്ടില്ല നൂറു വർഷം പോട്ടെ ഒരായിരം രണ്ടായിരം വർഷം നമുക്ക് കണക്കാക്കേ വേണ്ട എന്നാലും പറയാം അവരെന്തൊക്കെ തന്നെ ഗവേഷണം ചെയ്ത് ഈ പുരാണങ്ങളൊക്കെ ആധുനിക കാലത്ത് എഴുതപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചാലും നൂറു വർഷം പറയാൻ പറ്റില്ല ആ പുരാണം ഇന്നത്തെ തീർത്ഥക്ഷേത്രങ്ങളെയൊക്കെ വർണ്ണിക്കുകയാണ് അതായത് ഏകദേശം ഈ അമ്പത് അറുപത് വർഷങ്ങൾക്കിടയിലാണ് തീർത്ഥക്ഷേത്രം ഇങ്ങനെ ആയിരിക്കുന്നത് തപോവനസ്വാമിയുടെ ജീവചരിത്രം നോക്കിയാൽ കാണാം ആദ്യം അദ്ദേഹം പോകുമ്പോ ഋഷികേശിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഋഷികേശൊക്കെ മാറിയെന്നും അപ്പൊ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ തന്നെ ശ്രദ്ധാശൂന്യമായ കച്ചവടക്കാരുടെ കയ്യിൽ പോകുമെന്നും തീർത്ഥക്ഷേത്രങ്ങൾ മുഴുവൻ അപവിത്രീകൃതമായിട്ട് തീരുമെന്നും സാധുക്കൾ ഒരിടത്തും ഉണ്ടാവില്ലെന്നും തീർത്ഥക്ഷേത്രങ്ങളൊന്നും സാധുക്കളെ കാണാൻ പറ്റില്ലെന്നും കലിയുടെ ദോഷമൊക്കെ പറഞ്ഞു വരികയാണ് നാരദൻ അപ്പൊ തീർത്ഥക്ഷേത്രങ്ങൾ പോയി ആളുകൾക്ക് സമാധാനം ഉണ്ടാവുക വിഷമാണെന്നും ഒക്കെ കണ്ടിട്ടാണ് ഈ ഭാഗവതം എഴുതിയത് കാരണം തീർത്ഥക്ഷേത്രത്തിൽ പോകുന്നത് ഭക്തി ഉണ്ടാവാനാണ് സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ കുറെ പണ്ടാസും മാത്രം ഉണ്ടെങ്കിലോ അവര് പിടിച്ചു കൊണ്ടുപോകും വഴിയിൽ കാണുമ്പോഴേക്കും ആളുകള് അപ്പൊ തീർത്ഥക്ഷേത്രങ്ങള് എവിടെയുണ്ട് എന്ന് വെച്ചാൽ തീർത്ഥക്ഷേത്രങ്ങളിൽ പോയി എനിക്ക് ഭക്തി വരണം ശ്രദ്ധാവരണം ഗുരുഭക്തി വരണം ഇതൊക്കെ വരണം തീർത്ഥക്ഷേത്ര യാത്ര കൊണ്ട് തീർത്ഥയാത്ര കൊണ്ട് അതൊക്കെ എനിക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ളിൽ തന്നെ സദ്ഗ്രന്ഥ പാരായണം കൊണ്ടും സത്സംഗം കൊണ്ടും കിട്ടുമെങ്കിൽ തീർത്ഥയാത്ര വേണ്ട എന്നാണ് അവിടെ പോയിട്ട് ഇതൊക്കെ നശിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഉള്ളതും പോവുകയാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അതൊക്കെ കിട്ടുമെങ്കിൽ അത് അതിനാണ് ഭക്തി ശ്രദ്ധാ ഗേയം ഭക്തി ശ്രദ്ധ ഭക്തി എന്നുള്ളത് ഇവിടെ ഈ ശ്ലോകത്തിൽ ഗംഗക്ക് വ്യാ വിശേഷണമായിട്ടും പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധാഭക്തിയായിട്ട് ഒറ്റവാക്കായിട്ടും നമുക്ക് എടുക്കാം ഭക്തി എന്നുള്ളത് ഗംഗയ്ക്ക് വിശേഷണമായിട്ട് എടുക്കുകയാണെങ്കിൽ ജ്ഞാനസ്വരൂപിണിയായ ഗംഗ ഗംഗാപ്രവാഹം നമ്മൾ ആ കരണ്ട് എന്ന് പറഞ്ഞു ആ കരണ്ട് എന്താണ് ഭക്തി തന്നെയാണെന്നാണ് അസ്തവത്തിൽ ഭക്തി യോഗം എപ്പോ ഭക്തി ഉള്ളിൽ ഒതുക്കുന്നു അഹങ്കാരത്തിന്റെ ക്ഷയം ഏർപ്പെടുമ്പോ നിത്യനിരന്തരമായ പ്രേമപ്രവാഹമാണല്ലോ ഭക്തി സ അനിർവചനീയ പ്രേമസ്വരൂപ അനിർവചനീയ പ്രേമസ്വരൂപനായ ഭഗവാന്റെ അടുത്ത് നിത്യനിരന്തരമായ പ്രേമപ്രവാഹം പ്രേമത്തിന് വിച്ഛിത്തിയില്ലാതാവണത് എപ്പോഴാ വ്യക്തിത്വമില്ലാതാവുമോ അവിടെ ഭഗവാനെ ഉള്ളു ഭഗവാന്റെ സ്വരൂപം തന്നെ പ്രേമമാണ് പ്രിയമാണ് അത്തരത്തിലുള്ള പ്രിയമേ സ്വരൂപമായിട്ടുള്ള ഭക്തി തന്നെ ഗംഗാം പിന്നെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള ആദരവ് സത്യബുദ്ധിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഈ വാക്കിനെ വേറെ ഒരു ഭാഷയിലും ട്രാൻസ്ലേഷൻ സാധ്യമല്ല എന്തൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ ആ ഒറ്റ വാക്കില്ല വേറെ ഭാഷയിൽ ശ്രദ്ധ എന്നുള്ള വാക്കിന് വേറെ വാക്ക് നമുക്ക് പറയാനില്ല വേദത്തില് ശ്രദ്ധാസൂക്തം എന്ന് ശ്രദ്ധയെ സ്തുതിച്ചുകൊണ്ട് തന്നെ സൂക്തമൊക്കെ ഉണ്ട് ഒരാളിൽ അധ്യാത്മ ശ്രദ്ധ ഉദിക്കുന്നത് എപ്പോഴാണ് തപസ്സുകൊണ്ടാണെന്നാണ് വേദം പറയുന്നത് തപസ്സുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഈ എന്ന് പറയുന്ന ശക്തി ഉദിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്നു അതുകൊണ്ട് മേഘം ഉണ്ടാവുന്നു അതുകൊണ്ട് മഴ പെയ്യുന്നു മഴ കൊണ്ട് പർജന്യൻ മഴ വനസ്പതികൾ ഉണ്ടാകുന്നു ഓഷധി വനസ്പതികൾ കൊണ്ട് അന്നം ഉണ്ടാവുന്നു അന്നം ഭക്ഷിച്ച് പ്രാണനുണ്ടാവുന്നുണ്ട് ബലമുണ്ടാവുന്നു ബലം കൊണ്ട് തപസ് ചെയ്യുന്നു തപസ് കൊണ്ട് ശ്രദ്ധയുദിക്കുന്നു തിരാദിത്യസ്തപതി താഭിർപ്പർജന്യോ വർഷത്തി പർജന്യോഷധിവനസ്പതയ പ്രജാൻ തേഷധി വനസ്പതിരന്ന അന്നാണ പ്രാണൈർബലേന തപസ് തപസ്രദ്ധ അങ്ങനെ പടിപടിയായി വന്ന് ശ്രദ്ധയാ മേധ മേധയാ മനീഷ മനീഷയാ മനഃ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതി സ്മൃത്യാ സ്മാരം സ്മാര സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയത്തി എന്ന് പടിപടി പടി പടി പടിയായിട്ട് ആത്മജ്ഞാനം വരെ കൊണ്ടാക്കുന്ന ശ്രദ്ധാശക്തി സ്തുതിക്കാണ് വേദം അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് തപസ്സുകൊണ്ട് മനുഷ്യനിൽ ശുദ്ധമായി ഭഗവത് വിഷയത്തിലും ഗുരുവിൻ്റെ അടുത്തുമൊക്കെ വരുമ്പോഴാണ് അതിന് ശ്രദ്ധയെന്ന് പേരും അത് ലോകവിഷയങ്ങളിലൊക്കെ ആവുമ്പോൾ ആസക്തി എന്ന് പേരും ഒരേ എണ്ണ ക്രൂഡ് ഓയിൽ എന്ന് പറയും മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അല്ലേ അത് റീഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ കെറോ കെറോസിൻ പിന്നെ അത് റീഫൈൻ ചെയ് റീഫൈൻ ചെയ്തുകൊണ്ട് വന്നിട്ടാണ് പലതരം എണ്ണകളാക്കി മാറ്റിയിട്ട് ഡീസലായിട്ടും പെട്രോളായിട്ടും പിന്നെ പ്ലെയിൽ പറക്കാനുള്ള ഇന്ധനമായിട്ടും പിന്നെ റോക്കറ്റ് വിടാനുള്ള ഇന്ധനം ഒക്കെ ആയിട്ടും മാറ്റുന്നത് ഒരേ ക്രൂഡ് ഓയിലിനെയാണ് റീഫൈൻ ചെയ്ത് റീഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് അതേപോലെ അകമേയുള്ള ഒരേ ചിത്തം ആസക്തിയായി വിഷയവാസനയായി ആഗ്രഹങ്ങളായി ഒക്കെ ഇരിക്കുന്ന അതേ ഊർജം തന്നെയാണ് ശുദ്ധമാവും തോറും ഭക്തിയായിട്ടും ആദരവായിട്ടും ശ്രദ്ധാശക്തിയായിട്ടും അവസാനം ചിത് ശക്തിയായിട്ടും പിന്നെ ആത്മാനുഭവായിട്ടും മാറണത് അപ്പോ ശ്രദ്ധ എന്ന് പറയണത് ആരിലെങ്കിലും ഉദിച്ചാൽ അയാൾ ഇനി ഗയാ സന്ദർശിക്കേണ്ട ആവശ്യമില്ല ഈ ശ്രദ്ധ ഉദിക്കുന്നത് തന്നെ ശ്രദ്ധ ഗയാ അല്ലാതെ നമ്മളിപ്പോ ഈ തീർത്ഥക്ഷേത്രം ഗൈയും പ്രയാഗും കാശിയും ഒക്കെ പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചോളണം അവിടെ എന്തൊക്കെ കണ്ടാലും ഞാൻ ഉള്ളിലെടുക്കില്ല എന്തായാലും പോവാൻ തീരുമാനിച്ചു ഉള്ളിലുള്ളതോ വിശ്വാസമൊന്നും നഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തിട്ട് വരാൻ തീരുമാനിച്ചിട്ട് പോയാലേ സമാധാനം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളുടെ യുക്തി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ കാണിക്കണോ കൂത്ത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടി കിടന്നില്ല എന്ന് തോന്നും ഇതിനു വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു അപ്പോ ശ്രദ്ധയാണ് ഗയൽ മുഖ്യം ഗയലാണല്ലോ ശ്രാദ്ധം ചെയ്യാം ശ്രാദ്ധമെന്ന് വെച്ചാൽ ശ്രദ്ധ കൊണ്ട് ചെയ്യുന്നതാണ് ഭക്തിയാണതിൽ പ്രധാനം പല ആളുകളും ചോദിക്കുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ശ്രാദ്ധമൊക്കെ ചെയ്യുന്നു അവർ മരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജനിക്കുകയോ എന്നൊക്കെ തന്നെ ഗീത പറയണു എന്നിട്ട് പിന്നെ എന്തിനാണ് അവർക്ക് ശ്രാദ്ധം നമ്മൾ ഇവിടെ ചെയ്താൽ അവിടെ പോയി എത്തുവോ ശ്രദ്ധയാണ് ശ്രാദ്ധത്തില് പ്രധാനം നമ്മളുടെ ജീവിതം മുഴുവനും ശ്രദ്ധയെ വളർത്താനുള്ള ഒരു യത്നമാണ് ശ്രദ്ധയുടെ വളരെ പ്രധാനമായ ഒരു രൂപമാണ് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാരോടും ഋഷികളോട് വേണം അച്ഛനമ്മമാരോട് വേണം പ്രകൃതിയോട് വേണം ഭൂതങ്ങളോട് വേണം കൂടെ താമസിക്കുന്ന മനുഷ്യരോട് വേണം എല്ലാരോടും വേണം അതിന്റെ ഒരു ഭാഗമാണ് ഈ ശ്രാദ്ധമെന്ന് പറയുന്നത് അപ്പൊ അവിടെ ശ്രദ്ധയാണ് പ്രധാനം വരുന്ന ആളുകൾ എങ്ങനെയോ ഇരിക്കട്ടെ ചെയ്യുന്ന ആളുകൾ എന്തോ ചെയ്യട്ടെ ഞാൻ എന്റെ ശ്രദ്ധയെ നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് പ്രയോജനം ഉണ്ടാവും പക്ഷെ പലപ്പോഴും അവരെയൊക്കെ കാണാതിരിക്കാൻ നമുക്ക് സാധ്യമാവില്ല അതുകൊണ്ട് ശ്രദ്ധാഹതമാവും ശ്രദ്ധ നശിപ്പിക്കപ്പെടും വസ്തുക്കൾ പുറമേക്ക് പവിത്രതയില്ലെങ്കിൽ അതുകൊണ്ട് അകമയ്ക്ക് ശ്രദ്ധ ഒരാളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രദ്ധ തന്നെ അയാൾക്ക് ഗയയിലേക്ക് പോയതിൻ്റെയൊക്കെ ഫലമായി ഭക്തി ശ്രദ്ധാഗയേയം പ്രയാഗം പ്രയാഗത്തിന് പ്രയാഗമെന്ന് വെച്ചാൽ അലഹബാദിലെ ഉള്ള നദീസംഗമത്തിനാണപ്പൊ നമ്മള് പ്രയാഗ് എന്ന് പറയുന്നത് നിറയെ പ്രയാഗണ്ട് ദേവപ്രയാഗ് കർണപ്രയാഗ് രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞ് നിങ്ങള് ബദ്രിയിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് ഗംഗയിൽ കയറി പോകുന്നതോറും ഓരോടത്തും ഓരോ പ്രയാഗ് കാണും അളകാനന്ദയും മന്ദാഗിനിയും കൂടി ചേരുന്നതൊരു പ്രയാഗ് അളകാനന്ദയും മന്ദാഗിനിയും കൂടി ചേർന്നിട്ട് അതിൽ ഷോണ മുതലായിട്ടുള്ള നദികൾ വന്നു ചേരുന്ന ഒരു പ്രയാഗം അടകാനന്ദിയും മന്ദാഗിനിയും ഷോണയും ഒക്കെ കൂടി ചേർന്ന സ്ഥലത്ത് ഭാഗീരഥി വന്ന് ചേരുന്നത് ഒരു പ്രയാഗം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ചോട്ടലേക്ക് ഇറങ്ങി വരുന്നത് ഹരിദ്വാരത്തിൽ മോളിൽ നിന്ന് എന്താ ഗോമുക്കൽ നിന്നും ഭാഗീരത്തി വരും കേദാറിന് നിന്നും മന്ദാഗിനി വരും ബദ്രിയിൽ നിന്നും അളകാനന്ദ വരും വേറെ എവിടുന്ന് സോണഭദ്ര വരും ഇതൊക്കെ കൂടെ വേറെ പിന്നെ കർണ പല നദികളും വരും ഓരോന്നും ഓരോ പ്രയാഗില് കൂടി ഇതൊക്കെ കൂടി ചേർന്നിട്ട് ദേവപ്രയാഗാണ് ലാസ്റ്റില് ആ ദേവപ്രയാഗ് കഴിഞ്ഞാൽ ഹരിദ്വാറിൽ വന്ന് ഇറങ്ങും ഇറങ്ങും അവിടുന്ന് പിന്നെ പതുക്കെ ഒഴുകി ഭൂസ്പർശമേറ്റ് ഒഴുകി കാശിയില് വരുന്നതിനു മുമ്പ് അലഹാബാദിലെത്തുമ്പോ അതിൽ യമുനയും ചേരും അന്തർവാഹിനിയായി സരസ്വതിയും ചേരും അപ്പൊ ഈ ഗംഗ യമുന സരസ്വതി സംഗമത്തിനെയാണ് നമ്മൾ പ്രയാഗെന്ന് പറയുന്നത് അതാവട്ടെ വൈദിക സംജ്ഞയാണെന്നാണ് ചിലരൊക്കെ പറയണത് അതായത് ഈ മൂന്ന് നദികളും വേദത്തില് പറയപ്പെട്ട നദികളാണ് യമുന ഗംഗയെന്നും സരസ്വതി എന്നുള്ളതൊക്കെ തന്നെ വേദപ്രതിതമായ നദികളാണ് അതുകൊണ്ട് സരസ്വതി നദി ഏത് കാലത്ത് വറ്റിപ്പോയി എന്നും ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഗവേഷകന്മാർ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഈ സ്ഥലത്താണ് സരസ്വതി നദി ഒഴുകിയിരുന്നതെന്നും അത് വറ്റിപ്പോയതാണെന്നും പലവിധ അഭിപ്രായങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട് സിന്ധു സരസ്വതി ഇതൊക്കെ വേദത്തിൽ ഉള്ളതാണ് അതിൽ ചിലരുടെ അഭിപ്രായം ഈ നദികളൊക്കെ തന്നെ ബാഹ്യമായ നദികൾക്ക് പേരിട്ടതാണ് ആന്തരികമായ ചിലയിടത്ത് ഗായത്രി എന്ന നദിക്ക് പേരുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു നദിയുണ്ട് ആ നദിക്ക് ഗായത്രി എന്ന് പേരുണ്ട് അതിനർത്ഥം ആ നദിയാണ് ഗായത്രി എന്ന അർത്ഥമില്ലല്ലോ എന്ന നദിയുണ്ട് അപ്പൊ നദിയുടെ പേരാണത് അപ്പോ ഗംഗ യമുന എന്ന് പറയുന്നതും സരസ്വതി എന്നുള്ള അന്തർവാഹിനിയുമൊക്കെ തന്നെ ഗംഗയും യമുനയും കാണപ്പെടുന്നതാണ് നിങ്ങൾ പ്രയാഗിൽ പോയാൽ കാണാം ദൂരത്തു നിന്ന് ശബ്ദവും കേൾക്കും അടുത്ത് എത്തുംതോറും ആ ചലചല ചല ജല ജല ജല ജല ജല ശബ്ദം കേൾക്കും അത് ഇപ്പൊ കേട്ടതല്ല വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ കേൾക്കുന്നതാണ് ഭരദ്വാജനോട് ചോദിക്കുന്നു എന്താ ശബ്ദം എന്ന് ചോദിക്കണ്ടു ഭരജാശ്രമത്തിൽ എത്തുമ്പോ പ്രയാഗലാണ് അവിടെ എത്തുമ്പോ രാമൻ ചോദിക്കുന്നു എന്താ ശബ്ദം അപ്പൊ ഭരദ്വാജൻ പറയണു ഇവിടെ അടുത്ത് ഗംഗാ ഗംഗയും യമുനയും സരസ്വതിയും കൂടെ സംഗമിക്കുന്ന പ്രയാഗസ്ഥാനത്തിൽ ആ സംഗമത്തിന്റെ ശബ്ദമാണെന്നാണ് അവിടെ സംഗമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗംഗയെ കാണാം ഒരു വശത്ത് യമുനയെ കാണാം വ്യക്തമായിട്ട് കാണാം രണ്ടു വന്നു ഒഴുകിയിട്ട് അങ്ങനെ ചേരുന്നത് കാണാം ഒരു ഗംഗ വെളുത്ത നിറത്തിൽ വരും മറ്റൊരു യമുന കറുത്ത നിറത്തിൽ വരും കറുപ്പെന്ന് തികച്ചും കറുപ്പല്ല പക്ഷെ ഒരു ഡാർക്ക്നെസ് കാണാം ഇത് ഒരു ശുഭ്രവർണ്ണം കാണാം ഗംഗയിൽ രണ്ടും വ്യത്യാസവും കാണാം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആ യമുനാഷ്ടകത്തിലചാര്യസ്വാമികൾ കൃഷ്ണനും കുളിച്ചു കുളിച്ച് യമുന കറുത്തുപോയി എന്ന് പറയുന്നത് മുരാരികായ കാമാലലാമവാരിധാരിവിഷ്ടപാ ത്രിലോകശോകഹാരിണി മനോനുകൂല കൂല കുഞ്ച പുഞ്ച ദൂത ദുർമദുനോമേ മനോമലം കളിന്ദ നന്ദിന സദാ അപ്പോ യമുന ഇങ്ങനെ വന്നു ചേരും ഗംഗ ഇങ്ങനെ വന്ന് ചേരും സരസ്വതി കാണില്ല അപ്പൊ സരസ്വതി അന്തർവാഹിനിയാണ് ഉള്ളിൽ വന്ന് ഇതിന്റെ കൂടെ ചേരണെന്നാണ് ഇപ്പൊ ബദ്രിയുടെ അടുത്ത് മാനാപാസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ വ്യാസഗുഹ വ്യാസൻ ഭാരതമൊക്കെ രചിച്ച ഗുഹ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം കാണിച്ചു തരും അവിടെ ഒരു നദി ഒഴുകണിണ്ട് ഒരു സ്ഥലത്ത് പോയി അത് മറയണു അതാണ് സരസ്വതി എന്നൊക്കെ അവർ പറയുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ സരസ്വതി നദി തീരത്തിലാണ് വ്യാസാശ്രമുണ്ടായിരുന്നത് എന്നൊക്കെ ഭാഗവത്തിലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ആ നദിക്ക് സരസ്വതി എന്ന് പേരൊന്നുമില്ല സരസ്വതി മറഞ്ഞുപോയതായിട്ടാണ് കണ കണക്കാക്കപ്പെടുന്നതും ഒക്കെ അപ്പോ സരസ്വതി ഗംഗ യമുന എന്നുള്ള മൂന്ന് നദികളുടെയും കോൺഫ്ലുവൻസിനെയാണ് പ്രയാഗം എന്ന് പറയുന്നത് കൂടിച്ചേരുന്ന പ്രയാഗത്തില് ഭക്തി ജ്ഞാനം യോഗം എല്ലാം ചേരുകയാണ് ഭക്തിയുടെ പ്രതിനിധിയാണ് യമുന ജ്ഞാനത്തിന്റെ പ്രതിനിധിയാണ് ഗംഗ ഇത് രണ്ടും കൊണ്ട് ഏർപ്പെടുന്ന ഭഗവത് കൃപ അല്ലെങ്കിൽ ഭഗവത് അനുഭവത്തിന്റെ പ്രതിനിധിയാണ് കാണാൻ വയ്യാത്ത അന്തർവാഹിനിയായ സരസ്വതി ആത്മാനുഭവത്തിന്റെ സ്വരൂപമാണ് സരസ്വതി ഗായത്രിക്ക് തന്നെ അങ്ങനെയുണ്ട് ഗായത്രിക്ക് സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ ഗായത്രിക്ക് സാവിത്രി എന്നും സരസ്വതി എന്നും ഗായത്രി എന്നും പേരുണ്ട് ഇതിന്റെ മർമ്മമറിയാതെ ആളുകൾ പറയുന്നത് രാവിലെ സാവിത്രി ഉച്ചയ്ക്ക് സരസ്വതി വൈകുന്നേരം ഗായത്രി എന്തൊക്കെയോ പറയും അങ്ങനെയൊന്നും അല്ലാതെ സാവിത്രി എന്നുള്ളത് മന്ത്രത്തിന്റെ ദേവതയുടെ സവിത്രി ദേവതാ സംബന്ധമായത് സാവിത്രി ഛന്ദസ്സിന്റെ പേര് ഗായത്രി അതുകൊണ്ട് ആന്തരികമായി ഏർപ്പെടുന്ന അന്തർവാഹിനി കാണപ്പെടാത്തതായ അതിന്റെ അനുഭവം ആ അനുഭവമാണ് സരസ്വതി സരസ്വതി എപ്പോഴുമേ കാണാൻ വയ്യാത്തവളാണ് അവൾ എപ്പോഴും ആന്തരികമാണ് ശുഭ്രവർണ്ണമാണ് അവൾ അപ്പോ ഇവിടെ ആ മൂന്നും കൂടെ ചേരുന്ന കോൺഫ്ലുവൻസ് അതെവിടെ ഉണ്ടാവും അദ്ഭുതമായി എന്താ പറയാ ആചാര്യസ്വാമികൾ ഹൃദയപൂർവമായിട്ട് അവിടെ പറയുന്നു നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗം സദ്ഗുരുവിന്റെ ചരണത്തിനെ ധ്യാനം ചെയ്യുന്ന സ്ഥലത്ത് എന്നു വച്ചാൽ സദ്ഗുരുവിന്റെ കൃപ സദ്ഗുരു സാന്നിധ്യത്തിൽ ഈ മൂന്നും ഉണ്ടെന്നാണ് നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗം അപ്പൊ അതായത് എല്ലാ തീർത്ഥ ക്ഷേത്രങ്ങളും തീർത്ഥനദികളും ഒരു ജ്ഞാനിയുടെ സന്നിധിയിലുണ്ട് സത്സംഗത്തിലുണ്ട് നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ ഭക്തി ജ്ഞാനം വൈരാഗ്യം ആത്മാനുഭവം എല്ലാം അവിടെ ഉണ്ടാവുണ്ടല്ലോ അതുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഹ നിജഗുരു ചരണം എന്ന് വെച്ചാൽ അവനവന്റെ ഗുരുവിന്റെ ചരണം ഗുരുചരണം എന്ന് വെച്ചാൽ എന്താ ഗുരുവിന്റെ പാദമെന്ന ബാഹ്യാർത്ഥം അന്തരാർത്ഥം ഗുരുഭക്തി എന്നർത്ഥം ഗുരുഭക്തിയുടെയും ലക്ഷണം എന്താ നമ്മളുടെ അഹങ്കാരത്തിന്റെ അടക്കമാണ് അത് ആ സന്നിധിയിലെ അടങ്ങുള്ളൂ അടങ്ങില്ല ഈ അഭിമാനം ആ അഭിമാനത്തിനെ ഇല്ലാതാക്കുന്നതാണ് ഗുരു സന്നിധി എന്ന് പറയുന്നത് നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ രാമാനുജാചാര്യരുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു ഗോഷ്ടിപൂർണൻ മഹാപൂർണൻ എന്ന രണ്ടു പേർ അതിലേയും മഹാപൂർണൻ ദിവസം ഒരു മുറിയിൽ കയറി വാതിലടച്ചിട്ട് ിക്കും വളേ നേരം ധ്യാനിക്കുമ്പോ ഒരു ദിവസം ശ്രീരാമാനുജൻ മഹാപൂർണനെ മഹാപൂർണനെ അദ്ദേഹം ശ്രീനാരായണനായിട്ട് തന്നെ കരുതിയിരുന്നു എന്നാണ് ആ ഭക്തി കൊട്ട് അപ്പൊ ഒരു ദിവസം രാമാനുജൻ മഹാപൂർണനെ നമസ്കരിച്ച് ചോദിക്കുകയാണ് അങ്ങ് സ്വയമേവ നാരായണനാണെന്നാണ് എന്റെ ഭാവം അങ് ആരാ ധ്യാനിക്കണം അങ്ങക്ക് ധ്യാനിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ മഹാപൂർണൻ പറഞ്ഞു ഞാൻ എന്റെ സദ്ഗുരു ഗോഷ്ടിപൂർണനെ ഹൃദയത്തില് ധ്യാനിക്കുകയാണെന്ന് അപ്പൊ രാമാനുജൻ പറഞ്ഞു അത്രേ ഞാൻ അങ്ങേ മഹാ നാരായണനായി കരുതി ഇപ്പൊ ഞാൻ അങ്ങേ നാരായണനേക്കാളും മേലെ കരുതുകയാണെന്നാണ് നാരായണനേക്കാളും മേലെയാണ് എനിക്കിപ്പോ ഗുരുഭക്തിയിലുള്ള ആ ശ്രദ്ധ ആദരവ് ഈ ആദരവ് ഈ ശ്രദ്ധയാണ് ഒരു വാക്ക് രണ്ടു വാക്കുമൊക്കെ കിട്ടിയാൽ മതി അവർക്ക് സ്വാനുഭവത്തിന് അതേസമയം ഗുരു ഒരു ശരീരമല്ല വ്യക്തിയല്ല എന്നുള്ള തത്വം അതിനോടൊപ്പം അറിഞ്ഞും കൊള്ളണം വളരെ ജാഗ്രതയായിരിക്കണം നമ്മള് ഇത് വ്യക്തി ആരാധന അല്ല അത് ഗുരുവിനോട് ആദരവും ശ്രദ്ധയും ഒക്കെ ആയിത്തീരുമ്പോ അത് ജ്ഞാനത്തിന് നമുക്ക് വളരെ പ്രബലമായിട്ട് തീരുന്നു നാച്ചുറലായിട്ട് ആ ശ്രദ്ധയും ആരാധനയും ഒക്കെ ഗുരുവിനോട് വരും പക്ഷെ വരുമ്പോഴും ഏകനാഥസ്വാമി അതിന് വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ഗുരുവിനോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭക്തി പോലെ വേറെ ആരും ഉദാഹരണം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മുദ്ര തന്നെ ഏകാ ജനാർദ്ദനീന്നാണ് ജനാർദ്ദനസ്വാമി അദ്ദേഹത്തിന്റെ ഗുരുവാണ് എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വന്നപ്പോ കരഞ്ഞതേ ഇല്ല അദ്ദേഹം അപ്പൊ ഭക്തന്മാരൊക്കെ ചോദിക്കുകയാണ് എന്തു ഭക്തിയാ അങ്ങേ ഒരു ഗുരുഭക്തനെ ഞാൻ കണ്ടിട്ടില്ലേ എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വരുമ്പോ ഒരു ചലനം ഇല്ലാതിരിക്കുന്നുവല്ലോ സ്വാമി പറഞ്ഞു മരിച്ചു പോകുന്ന ഗുരുവും അത് കേട്ട് കരയുന്ന ഒരു ശിഷ്യനും ആ ഗുരു ഗുരുവുമല്ല ഈ ശിഷ്യൻ ശിഷ്യനും അല്ല എന്നാണ് അപ്പൊ അങ്ങനെയാണ് ഗുരുഭക്തി ഗുരുഭക്തി നമുക്ക് ബാഹ്യമായിട്ട് ആ വ്യക്തിയോടും ആ രൂപത്തിനോടും നാമത്തിനോടും ഒക്കെ തന്നെ ഭക്തിയായിട്ട് നമുക്ക് കാണപ്പെടും ആദരവുമൊക്കെ പക്ഷെ നമുക്ക് സൂക്ഷ്മമായി അത് അറിയും വേണം ആ ഗുരു വ്യക്തി മാത്രമല്ല ഒരു തത്വമാണ് ആ തത്വമാണ് അനേക മഹാത്മാക്കളിലൂടെ പ്രകാശിക്കുന്നത് അതുകൊണ്ട് എന്റെ ഗുരുന്ന് എന്റെ ഗുരു എന്നുള്ള അവിടെ ഉണ്ടാവില്ല വാസ്തവത്തിലുള്ള ജ്ഞാനികളെ കണ്ടാൽ നമുക്ക് ഭേദമേ തോന്നില്ല ശരിക്കും ഗുരുതത്വത്തിനെ ആരറിഞ്ഞു അവർക്ക് ആത്മതത്വവും അറിഞ്ഞു കഴിഞ്ഞു ആത്മതത്വം അറിയുന്നവർക്കേ ഗുരുതത്വവും മനസ്സിലാവുള്ളൂ അവർക്ക് ശരിയായ ജ്ഞാനികളെ കണ്ടാൽ അറിയാനുള്ള ഇന്റ്യൂഷനും അവരുടെ ഉള്ളിൽ ഉണ്ടാവും അവര് വേറെ എവിടെയും പെട്ടുപോകൂല്ല വ്യക്തി അവർ കൊടുങ്ങില്ല ജ്ഞാനികൾക്ക് തമ്മിൽ അവർക്ക് ഭേദവും ഉണ്ടാവില്ല എല്ലാത്തിനകത്തുള്ള ഒരേ വസ്തുവിനെ അവർ കാണും ബാഹ്യമായ ലക്ഷണം വെച്ചുകൊണ്ട് അവരാരെയും സമ്മതിക്കൂല അവരിൽ ആ വിവേക ശക്തി സത്യം കണ്ടെത്തിയവരാരാണെന്ന് അറിയാനുള്ള ഇന്റ്യൂഷൻ അവരിൽ ഉണ്ടാവും അങ്ങനെ അറിഞ്ഞ് ആ നിജഗുരുചരണ ധ്യാനയോഗം തന്നെ പ്രയാഗം അപ്പോ നിജഗുരുചരണത്തിനെ ധ്യാനിച്ചാൽ പിന്നെ മറ്റൊരു പ്രയാഗവും വേണ്ട ഏറെ ഒരു തീർത്ഥ നദീ സ്നാനം ഒന്നും ആവശ്യമില്ല എന്നാണ് നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ ചന്ദ്രശേഖരഭാരതി സ്വാമിയുടെ അടുത്ത് ഒരു മഠത്തില് പഴയ ഒരു ഭക്തൻ ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് ഒരു ആരാധിക്കുന്ന ദേവതകൾ പല മന്ത്രങ്ങളും ഞാൻ ജപിക്കുന്നു പല ദേവതകളെ ആരാധിക്കുന്നു പക്ഷെ ആ ദേവതകളുടെ രൂപത്തിലൊന്നും ആകർഷണമേ തോന്നണില്ല ആ ദേവതകളുടെ രൂപം സഹജമായി നമ്മളെ ആകർഷിക്കുന്നതും നമ്മളിൽ പ്രിയം ജനിപ്പിക്കുന്നതും ആനന്ദം ജനിപ്പിക്കുന്നതുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് നമ്മൾ മെനക്കെട്ട് എത്ര തന്നെ ഹൃദയത്തിൽ വെച്ചാൽ ആകർഷണം തോന്നണേല എന്ന് അയാൾ പറഞ്ഞപ്പോ സ്വാമികൾ പറയാണ് നിങ്ങൾക്ക് സഹജമായ ആകർഷണം തോന്നുന്നതും ഭക്തി ഉണ്ടാക്കുന്നതും ജ്ഞാനം വൈരാഗ്യം ഒക്കെ പൂർണമായിട്ടുള്ളതും നിങ്ങൾ മെനക്കെടാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ബാക്കി എന്ത് മന്ത്രം വേണമെങ്കിൽ ജപിക്കാവുന്നതുമായ ഒരു രൂപമല്ലേ എങ്ങക്ക് വേണ്ടത് അതെ അദ്ദേഹത്തിന് അനേകം മന്ത്രജപം ഉണ്ടേ അപ്പൊ ഓരോന്നിനും ഓരോ ദേവത ധ്യാനിക്കണം അതോടാണ് അദ്ദേഹത്തിന്റെ വിഷമം അപ്പോ ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഗുരു ശിവാഭിനവ നരസിംഹ ഭാരതി സ്വാമി ആ നൃസിംഹഭാരതി സ്വാമിയിൽ നിന്നും മന്ത്രോപദേശ വാങ്ങിച്ച ഒരു വൃദ്ധനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആചാര്യരെ തന്നെ ധ്യാനിക്കാമല്ലോ അപ്പൊ ദേവതകളിലൊക്കെ മന്ത്രം ജപിക്കുമ്പോ സ്വാമികളെ ധ്യാനിക്കാവോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പാടില്ല ബാല്യം മുതൽ ആ ബാല്യ ബ്രഹ്മചാരിയായിരുന്നു ജീവൻ മുക്തനായിരുന്നു ഒരു പശുവിന്റെ രൂപത്തിൽ സകല ദേവതകളും കുടികൊള്ളുന്നു പറയുമ്പോൾ ഒരു ജീവൻ മുക്തന്റെ ഉള്ളിൽ ബ്രഹ്മനിഷ്ഠനായ ഒരാളുടെ ഉള്ളിൽ എല്ലാ ദേവതകളും ഇല്ലേ അതിനെ ധ്യാനിച്ചോളാം അദ്ദേഹത്തിന്റെ ഗുരുഭക്തി അദ്ദേഹത്തിനുള്ള ആ ഗുരുഭക്തിയിൽ പറയാണ് നരസിംഹഭാരതി സ്വാമികളുടെ ഒരു ഫോട്ടോവിനെ രൂപത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ മന്ത്രവും ജവിച്ചോളൂന്ന് പറഞ്ഞത്രേ നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ അപ്പൊ പക്ഷേ ഗുരുവിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോ നമ്മൾ രൂപത്തിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാ രൂപവും ഒന്നും റെക്കമെൻഡബിൾ അല്ല നമ്മൾക്ക് ഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളുടെ ദശയിൽ പലരെയും കണക്കാക്കും നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റില് അതുകൊണ്ട് നമ്മൾ പവിത്രമായി പൂർണ്ണമാവുന്നവരെ നമുക്ക് ഏതെങ്കിലും ഇഷ്ട ദൈവത്തിന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നത് തന്നെയാണ് നല്ലത് ഗുരു എപ്പോഴും തികച്ചും ജീവൻ മുക്തനും സർവസംഘ പരിത്യാഗിയും നിത്യശുദ്ധനുമായിട്ടുള്ള ആളാണെങ്കിലേ ധ്യാനിക്കാൻ യോഗ്യതയാവുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആന്തരികമൊക്കെ അവരുടെ രൂപത്തിലുണ്ടാവും അതുകൊണ്ട് എല്ലാ രൂപവും ധ്യാനയോഗ്യമല്ല അതുകൊണ്ട് ഗുരുചരണ എന്ന് പറഞ്ഞ് നമുക്ക് ഗുരു എന്നുള്ളത് അഖണ്ഡാകാര തത്വമാണ് ദക്ഷിണാമൂർത്തിയാണ് സദാശിവനാണ് നാരായണനാണ് എന്തെങ്കിലുമൊക്കെ ഭാവം വെച്ചുകൊള്ള ആ ഭാവത്തിൽ ആ ഗുരുതത്വത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക അത് തന്നെ പ്രയാഗം എല്ലാത്തിനും മേലെ പറഞ്ഞു വിശ്വേഷോയം തുലീയ സകല ജനമനസ്സാക്ഷിഭൂതോന്ത ആത്മ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളില് ജാഗ്രത്തിൽ നമ്മളുടെ ജീവൻ ജീവാഹന്ത വിശ്വൻ എന്നു പേര് സ്വപ്നത്തിൽ തൈജസൻ എന്നുപേര് സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്നു പേര് ആത്മാനുഭവ മണ്ഡലത്തിൽ തുരീയൻ എന്നു പേര് തുരിയൻ എന്നുവെച്ചാൽ നാലാമത്തവൻ എന്ന ആ തുരിയാണ് നമ്മളുടെ സ്വരൂപം തുരിയം എന്നുള്ളതൊരു ഫോർത്ത് സ്റ്റേറ്റ് അല്ല വാസ്തവത്തിൽ എല്ലാ സ്റ്റേറ്റിനും പുറകിലുള്ളതാണത് പക്ഷേ അത് മാത്രമായി പ്രകാശിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഫോർത്ത് അതിൽ മൂന്നും അടക്കമാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിനാണ് തുരീയം എന്ന് പേര് ആ തുരീയനാണ് വിശ്വേശ്വരൻ അതായത് കാശി വിശ്വനാഥൻ ഉള്ളിലുള്ള അന്തര്യാമി വിശ്വേശോയം തുരിയ ആ തുരീയൻ എവിടെയിരിക്കുന്നു സകല ജനമനസ്സാക്ഷിഭൂത എല്ലാ ജനങ്ങളുടെയും അന്തർഹൃദയത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് സകല ജനമനസ് സാക്ഷിഭൂതോ അന്തരാത്മാ അന്തരാത്മാവാണ് ഇത്രയും എന്നിലുണ്ടെങ്കിൽ അതായത് എന്നിൽ ഭക്തിയാവുന്ന ഗംഗയുണ്ടെങ്കിൽ ശ്രദ്ധയാവുന്ന ഗയ ഉണ്ടെങ്കിൽ സദ്ഗുരു ധ്യാനമാവുന്ന പ്രയാഗമുണ്ടെങ്കിൽ ായ ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ തീർത്ഥമന്യത്യസ്തി ഇനി വേറെ ഒരു തീർത്ഥക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യും രമണ ഭഗവാനെ ഹരിദ്വാറിലേക്കൊക്കെ വിളിച്ചപ്പോ അവിടെ ഗംഗ കാണണ്ടേ ഭഗവാൻ എത്ര നന്നായിരിക്കണു ഭഗവാൻ പറഞ്ഞു അങ്കേന്ന പഞ്ചഭൂതത്തെ തവർ ആറാവത് ഒരു ഭൂതം ഒരുക്കോ ഇനി അവിടെ പുതിയതായിട്ട് അവിടെ പോയിട്ട് എന്താ നിത്യനിരന്തരം സ്വയം തീർത്ഥമായിരിക്കുന്നവർക്ക് വേറെ ഒരിടത്ത് പോയി എന്ത് കാണും തീർത്ഥമന്യത് കിമസ്ഥി അഖണ്ഡാനന്ദ സ്വാമി ഒരു സാധുവിനെ കഥ പറയണ്ട അവതൂതനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അഖണ്ഡാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് അപ്പൊ ആ സാധുവിന്റെ അടുത്ത് അഖണ്ഡാനന്ദ സ്വാമി എപ്പോഴും വേദാന്തം പറയും ആ സാധുവിന് ഈ ഭക്തി സാധാരണ ഉള്ളതൊന്നും അദ്ദേഹത്തിന് സമ്മതമല്ല അദ്ദേഹം പറയും ഇവരെന്താ ഈ കാണിച്ചു കൂട്ടണതും എല്ലാവരുടെ ഉള്ളിലുള്ള സത്യത്തിനെ അറിയാതെ ഇവരിങ്ങനെ എന്തൊക്കെയോ വികാരപ്പെട്ടുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടണോന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ചിലപ്പോ അദ്ദേഹം പണമൊന്നും തൊടു വലിയ നടക്കും കുട്ടികളുടെ കൂടെ ഒക്കെ നടക്കും പരമവേദാന്തിയാണ് അപ്പൊ അഖണ്ഠാനം സ്വാമി വൃന്ദാവനത്തിലാണ് അപ്പൊ വൃന്ദാവനത്തിൽ ഈ സാധുനെടുത്ത് പറഞ്ഞു വൃന്ദാവനത്തിൽ ഇങ്ങനെയൊന്നും പറയണ്ടെ ആരെങ്കിലും അടിക്കും നീ പറയണത് കേക്കൂ കുറച്ച് നമ്മളും ബാഹ്യമായിട്ട് ഭക്തിയൊക്കെ ചെയ്യണം അതുകൊണ്ട് ബദ്രിയിലേക്ക് പോയിട്ട് വരുമോ എന്ന് പറഞ്ഞു ഗുരുവിനോട് അപാരം ഭക്തിയാണ് ഒട്ടനെ നമസ്കരിച്ചിട്ട് ബദ്രിയിലേക്ക് പോയി ബദ്രിക്ക് നടന്നു വാഹനത്തിലൊന്നും പോകില്ല അദ്ദേഹം ബദ്രിക്ക് നടന്നു കുറെ ദിവസം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു അഖണ്ഠാനം സ്വാമിയുടെ അടുത്ത് വന്നു അപ്പൊ അഖണ്ഠാനന്ദ സ്വാമി ചോദിച്ചു ബദ്രിയിലേക്ക് പോയോ ജോ പോയി അപ്പൊ ബദ്രി നാരായണനെ കണ്ടു ഏ ഒന്നും കണ്ടില്ല നിങ്ങൾ ബദ്രിയിൽ പോയിട്ട് വരാൻ പറഞ്ഞു ബദ്രിയിലും പോയിട്ട് വന്നു ബാക്കി നാരായണനും ഗംഗയൊക്കെ ഉള്ളിട്ടുണ്ടെന്നാണ് ബദ്രിയിൽ പോവാൻ പറഞ്ഞു ഞാൻ ബദ്രിയില് പോയി അവിടെ ഗംഗയിൽ കുളിക്കണമെന്നോ അവിടെ പോയി അമ്പലത്തിൽ പോയി ആരെങ്കിലും ഒക്കെ കാണണമെന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ സ്വാമി പറഞ്ഞു എന്റെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല പറഞ്ഞ അനുസരണാണ് നിജഗുരുചരണ ധ്യാനയോഗം ബദ്രിയിൽ പോവാൻ പറഞ്ഞ ബദ്രിയിൽ പോയിട്ട് വന്നു അവർക്കൊന്നും ആഗ്രഹവും ഇല്ല ഒന്നും പ്രത്യേകിച്ച് ഒരിടത്ത് പോയി ഒന്ന് കാണണം എന്നുള്ളതുമില്ല അവർക്ക് അഹങ്കാരവും ഇല്ല എന്തെങ്കിലും നേടണം എന്നുള്ളതുമില്ല പിന്നെ അവരെന്ത് ചെയ്യും എവിടെ പോയി തീർത്ഥമന്യത് കിമസ്തി തന്നെ നടമാടുന്ന തീർത്ഥങ്ങളാണ് അപ്പോ വിശ്വേഷോയം തുറിയ സകലജനമനസ്സാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മതീയെ എതി വസതി പുനഃ തീർത്ഥമന്യത് വേറെ തീർത്ഥം എന്താ ഉള്ളത് എന്നാണ് അങ്ങനെ കാശീപഞ്ചകം ഈ ആറു ദിവസമായിട്ട് അഞ്ച് ശ്ലോകം കാശീപഞ്ചകം സമാപ്തം ഇനി കാശീപഞ്ചകത്തിന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പോ ദിവസം കാശിയിലിരിക്കും കാശി മഹിമ പറയണ തന്നെ കാശിയിലേക്ക് ഞാൻ പോകും ഒരിക്കൽ കാശിയിൽ പോവും എന്ന് പറഞ്ഞുകൊണ്ടേ ഇന്നാ തന്നെ കാശിയിൽ പോയ ഫലം കിട്ടും അത്രയും പിന്നെ ഇത് ധ്യാനിച്ചാൽ കിട്ടില്ലേ അഹം കാശിയും ഗമിഷ്യാമി തത്രവ നിവസാമ്യഹം ഇത് ബ്രുവാണ സതതം കാശീവാസ ഫലം ലഭയത്തുന്നതാണ് ഇതിപ്പോ നമ്മൾ ദിവസം ഗംഗയെ ധ്യാനിക്കലും വിശ്വനാഥനെ ധ്യാനിക്കലും ഒക്കെ ആയി കാശി ക്ഷേത്രം ഇവിടെ തന്നെ വന്നുപോകും നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാശിക്ഷേത്രമായിട്ട് തീരും ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാച്ചല ശിവ അരുണാചല ശിവ അരുണാച്ചല ശിവ അരുണാചലം അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാച്ച അരുണാച്ചല ശിവ അരുണാച്ചല ശിവ അരുണാചല ശിവ അരുണാചലാ യോ മമാത്മാവസിമേ തച്യം മമചിസ്തിയേഷ്ടം കൂരുമാത്മനം രമണം ഭരന പാർവതീപതകേ ഹരഹര മഹാദേവ